അധ്യായം ഏഴ് മോശ തിരുനിവാസം നിവർത്തുകഴിഞ്ഞിട്ട് അതും അതിന്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിന്റെ സകല പാത്രങ്ങളെയും അഭിഷേകം കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പ്രദൃർഭവനങ്ങളിൽ പ്രധാനികളും ോത്ര പ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽ വിചാരകന്മാരുമായ ഇസ്രയേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു അവർ വഴിപാടായിട്ട് ഈരണ്ട് പ്രഭുക്കന്മാർ ഓരോ വണ്ടിയുമ്പോ ഓരോരുത്തൻവൻ ഓരോ കാളയുമേയും ഇങ്ങനെ കൂടുള്ള ആറ് വണ്ടിയുമേയും പന്ത്രണ്ട് കാളയുമേയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ യഹോവ മോശയോട് അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക അവ സമാഗമന കൂടാരത്തിന്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ അവയെ ലേവ്യൽ ഓരോരുത്തന് അവനവന്റെ കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു രണ്ടുവണ്ടിയും നാല് കാളയെയും അവൻ ഗർശൂന്യർക്ക് അവരുടെ വേലയ്ക്കേത്തക്കവണ്ണം കൊടുത്തു നാലുവണ്ടിയും എട്ട് കാളയെയും അവൻ മരാര്യർക്ക് പുരോഹിതനായ അഹ്റുവിന്റെ പുത്രൻ ഈഥാമാരിന്റെ കൈക്കീഴ് അവർക്കുള്ള വേലയ്ക്കേത്തക്കവണ്ണം കൊടുത്തു കെഹാത്യർക്ക് അവനൊന്നും അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതും ആയിരുന്നു യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു യാഗപീഠത്തിന്റെ മുമ്പാകെ പ്രഭുക്കന്മാർ തങ്ങളുടെ വഴിപാട് കൊണ്ടുവന്നു അപ്പോൾ യഹോവ മോശയോട് യാഗപീഠത്തിന്റെ പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം താൻ താന്റെ വഴിപാട് കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു ഒന്നാം ദിവസം വഴിപാട് കഴിച്ചവനവൻ യഹൂദ ഗോത്രത്തിൽ അമ്മിനാദാവിന്റെ മകനായ നഹ്ഷോ അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ്റിമുപ്പത് ശേഖൽ തൂക്കമുള്ള ഒരു വെള്ളി തളിക എഴുപത് ശേഖയിൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണ അവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു ധൂപവർഗ്ഗം നിറഞ്ഞതും പത്തുശേഖയിൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം ഹോമയാഗത്തിനായി ഒരു കാളക്കെടാവ് ഒരു ആട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള ാട് പാപയാഗത്തിനായി ഒരു കോലാട്ടുക്കൊറ്റൻ സമാധാന യാഗത്തിനായി രണ്ട് കാള അഞ്ച് ആട്ടുകൊറ്റൻ അഞ്ച് കോലാട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് ചെമ്മരിയാട്ടിൻകുട്ടി ഇത് അമിനാദാബിന്റെ മകനായ നഹഷന്റെ വഴിപാട് രണ്ടാം ദിവസം മക്കളുടെ പ്രഭുവായ സൂവാരന്റെ മകൻ നെഥനേൽ വഴിപാട് കഴിച്ചു അവൻ വഴിപാട് കഴിച്ചത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ്റിമുപ്പത് ശേഖയിൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശേഖയിൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു ധൂപവർഗ്ഗം നിറഞ്ഞതും പത്തുശേഖയിൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ് ഒരു ആട്ടുകൊറ്റന്റൻ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട് പാപയാഗത്തിനായി ഒരു കോലാട്ടുക്കൊറ്റന്റൻ സമാധാനയാഗത്തിനായി രണ്ട് കാള അഞ്ച് ആട്ടുകൊറ്റൻ്റെ അഞ്ച കോലാട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാടാണ് ഇത് സുവാരന്റെ മകനായ നെഥനിയലിന്റെ വഴിപാടാണ് മൂന്നാം ദിവസം സെബുലോന്റെ മക്കളുടെ പ്രഭുവായ ഹേലോന്റെ മകൻ ഏലിയാബ് വഴിപാട് കഴിച്ചു അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ൽ തൂക്കമുള്ള ഒരു വെള്ളിത്തലിക എഴുപത് ശേഖയിൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണ ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു ധൂപവർഗ്ഗം നിറഞ്ഞതും പത്തു ശേഖയിൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ് ഒരു ആട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായ ഒരു കുഞ്ഞാട് പാപയാഗത്തിനായി ഒരു കോലാട്ടുപൊറ്റൻ സമാധാനയാഗത്തിനായി രണ്ട് കാള അഞ്ച് ആട്ടുകൊറ്റൻ അഞ്ച് കോലാട്ടുപൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട് ഇത് ഹേലോന്റെ മകൻ എലിയാബിന്റെ വഴിപാട് നാലാം ദിവസം ൂപന്റെ മക്കളുടെ പ്രഭുവായ ഷേതയൂരിന്റെ മകൻ എലീസൂർ വഴിപാട് കഴിച്ചു അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ്റിമുപ്പത് ശേഖൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശേഖൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണ ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു ധൂപവർഗം നിറഞ്ഞതും പത്ത് ശേഖയിൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശംശം ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ് ഒരു ആട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട് പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ സമാധാനയാഗത്തിനായി രണ്ട് കാള അഞ്ച് ആട്ടുകൊറ്റന്റൻ അഞ്ച് കോലാട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള ഇത് ഷെയൂരിന്റെ മകൻ എലീസൂരിന്റെ വഴിപാട് അഞ്ചാം ദിവസം ഷിമയോന്റെ മക്കളുടെ പ്രഭുവായ സൂരിശായിയുടെ മകൻ ഷെലൂമിയേൽ വഴിപാട് കഴിച്ചു അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ്റിമുപ്പത് ശെഖൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശേഖയിൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു ധൂപവർഗം നിറഞ്ഞതും പത്തുശേഖയിൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ് ഒരു ആട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട് പാവയാഗത്തിനായി ഒരു കോലാട്ടുക്കൊറ്റന്തൻ സമാധാനയാഗത്തിനായി രണ്ടു കാളാണ് അഞ്ച് ആട്ടുകൊറ്റൻ തൻ അഞ്ച് കോലാട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട ഇത് സൂര്യശദായിയുടെ മകൻ ഷിലൂമിയേലിന്റെ വഴിപാടാണ് ആറാം ദിവസം ഗാദിന്റെ മക്കളുടെ പ്രഭുവായ ദയുവേലിന്റെ മകൻ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 ഒരു പൊൻകലശംശം ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവോ ഒരു ആട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാടാണ് പാപയാഗത്തിനായി ഒരു കോലാട്ടുക്കൊറ്റന്തൻ സമാധാനയാഗത്തിനായി രണ്ട് കാളാണ് അഞ്ച് ആട്ടുകൊറ്റന്തൻ അഞ്ച് കോലാട്ടുകൊറ്റന്തൻ ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട ഇത് ദയുവേലിന്റെ മകൻ എലിയാസാഫിന്റെ വഴിപാട് ഏഴാം ദിവസം യ്രൈമിന്റെ മക്കളുടെ പ്രഭുവായ അമ്മിഹൂദിന്റെ മകൻ എലിഷാമ വഴിപാട് കഴിച്ചു അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ്റിമുപ്പത് ശേഖയിൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശേഖൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവു കൊണ്ട് നിറഞ്ഞിരുന്നു ധൂപവർഗ്ഗം നിറഞ്ഞതും പത്തുശേഖയിൽ തൂക്കം ഉള്ളതുമായ ഒരു പൊൺകലശം ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ് ഒരു ആട്ടുകൊറ്റൻ തൻ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട് പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻറ്റൻ സമാധാനയാഗത്തിനായി രണ്ട് കാളാള അഞ്ച് ആട്ടുകൊറ്റൻ ടൻ ൊറ്റൻ ഒരു വയസ് പ്രമുള്ള അഞ്ച് കുഞ്ഞാണ് ഇത് അമ്മിഹൂദിന്റെ മകൻ എലിഷാമായയുടെ വഴിപാട് എട്ടാം ദിവസം മനഷയുടെ മക്കളുടെ പ്രഭുവായ പെദാസൂരിന്റെ മകൻ ഗമലിയേൽ വഴിപാട് കഴിച്ചു അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ്റിമുപ്പത് ശേഖൽ തൂക്കമുള്ള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 ഒരു കോലാട്ടുക്കൊറ്റൻ സമാധാന യാഗത്തിനായി രണ്ട് കാള അഞ്ച് ആറ്റുകൊറ്റൻ അഞ്ച് കോലാട്ടുക്കൊറ്റന്തൻ ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട് ഇത് പെദാസൂരിന്റെ മകൻ ഗമലിയേലിന്റെ വഴിപാട് ഒൻപതാം ദിവസം ബെന്യാമിന്റെ മക്കളുടെ പ്രഭുവായ ഗിതയോനിയുടെ മകൻ അബിദാദ വഴിപാട് കഴിച്ചു അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ്റിമുപ്പത് ശേഖൽ ഒരു വെള്ളിത്തളിക എഴുപത് ശേഖേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു ധൂപവർഗ്ഗം നിറഞ്ഞതും പത്തുശേഖേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ് ഒരു ആട്ടുപൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട് പാപയാഗത്തിനായി ഒരു കോലാട്ടുപൊറ്റന്തൻ സമാധാന രണ്ട് കാള അഞ്ച് ആട്ടുകൊറ്റൻ അഞ്ച് കോലാട്ടുപൊറ്റന്തൻ ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട് ഇത് ഗിതയോനിയുടെ മകൻ അബീദാന്റെ വഴിപാട് പത്താം ദിവസം മക്കളുടെ പ്രഭുവായ അമ്മീഷായിയുടെ മകൻ അഹിയേസ് വഴിപാട് കഴിച്ചു അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ്റിമുപ്പത് ശേഖൽ തൂക്കമുള്ള ഒരു വെള്ളിത്തലിക എഴുപത് ശേഖൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു ധൂപവർഗം നിറഞ്ഞതും പത്തുശേഖയിൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ് ഒരു ആട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട് പാപയാഗത്തിനായി ഒരു കോലാട്ടുക്കൊറ്റന്റ് സമാധാനയാഗത്തിനായി രണ്ട് കാള അഞ്ച് ആട്ടുകൊറ്റന്റ് അഞ്ച് കോലാട്ടുപൊറ്റന്റ് ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട് ഇത് അമ്മീഷായിയുടെ മകൻ അഹിയേസറിന്റെ വഴിപാടാണ് പതിനൊന്നാം ദിവസം ആഷേരിന്റെ മക്കളുടെ പ്രഭുവായ ഒക്രാന്റെ മകൻ പകിയേൽ വഴിപാട് കഴിച്ചു അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ്റി മുപ്പത് തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശേഖയിൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണ ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവു കൊണ്ട് നിറഞ്ഞിരുന്നു ധൂപവർഗ്ഗം നിറഞ്ഞതും പത്ത് ശേഖയിൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശംശം ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവും ഒരു ആട്ടുക്കൊറ്റന്റൻ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട് പാപയാഗത്തിനായി ഒരു കോലാട്ടുക്കൊറ്റന്റൻ സമാധാന യാഗത്തിനായി രണ്ട് കാള അഞ്ച് ആട്ടുകൊറ്റൻ അഞ്ച് കോലാട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാണ് ഇത് ഒക്രന്റെ മകനായ പകിയേലിന്റെ വഴിപാട് പന്ത്രണ്ടാം ദിവസം നക്താലിയുടെ മക്കളുടെ പ്രഭുവായ യേനാന്റെ മകൻ അഹീര വഴിപാട് കഴിച്ചു അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ്റി മുപ്പത് ശേഖയിൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശേഖയിൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം ഇവ രണ്ടും ഭോജനയാകത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു ധൂപവർഗ്ഗം നിറഞ്ഞതും പത്തുശേഖയിൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ് ഒരു ആട്ടുകൊറ്റൻ ഒരു വയസ് പ്രായമുള്ള ഒരു കുഞ്ഞാട് പാപയാഗത്തിനായി ഒരു കോലാട്ടുക്കോറ്റൻ സമാധാന യാഗത്തിനായി രണ്ട് കാള അഞ്ച് ആട്ടുകൊറ്റൻ അഞ്ച് കോലാട്ടുകൊറ്റൻ ഒരു വയസ്സ് പ്രായമുള്ള അഞ്ച് കുഞ്ഞാട് ഇത് ഏനാന്റെ മകൻ അഹീരയുടെ വഴിപാട് യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം ഇസ്രയേൽ പ്രഭുക്കന്മാരുടെ പ്രതിഷ്ഠ വഴിപാട് ഇതായിരുന്നു വെള്ളിത്തള്ളിക പന്ത്രണ്ട് വെള്ളിക്കിണ്ണം പന്ത്രണ്ട് പൊൻകലശം പന്ത്രണ്ട് വെള്ളിത്തള്ളിക ഒന്നിന് തൂക്കം നൂറ്റിമുപ്പത് ശേഖ കിണ്ണം ഒന്നിന് എഴുപത് ശേഖ ഇങ്ങനെ വെള്ളിപ്പാത്രങ്ങൾ ആകെ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം രണ്ടായിരത്തി ധൂപവർഗം നിറഞ്ഞ പൊൻകലശംശം പന്ത്രണ്ട് ഓരോന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം പത്തു ശേഖേൽ വീതം കലശങ്ങളുടെ പൊന്ന് ആകെ ഇരുപത് ശേഖയിൽ ഹോമയാഗത്തിനുള്ള നാൽക്കാലികൾ എല്ലാം കൂടി കാളക്കിടാവ് പന്ത്രണ്ട് ൻ പന്ത്രണ്ട് ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് പന്ത്രണ്ട് അവയുടെ ഭോജനയാഗം പാപയാഗത്തിനായി കോലാട്ടുകൊറ്റൻ പന്ത്രണ്ട് സമാധാന യാഗത്തിനായി നാൽക്കാലികൾ എല്ലാം കൂടി കാള ഇരുപത്തിനാല് ആട്ടുകൊറ്റൻ അറുപത് കോലാട്ടുകൊറ്റൻ അറുപത് ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് അറുപത് യാഗപീഠത്തെ അഭിഷേകം ചെയ്ത ശേഷം അതിന്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് ഇതുതന്നെ മോശ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കൽ നിന്ന് രണ്ട് കെരൂപുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടുട്ടു അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു